പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസവും സാഗ്ബേറ് നമ്മൾ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ പൊതുവെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും അത് സംബന്ധിച്ച് സങ്കീർത്തനത്തില പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങളെ നോക്കാം അൻപത്തി ആറാം സങ്കീർത്തനം ദാവീതിൻ്റെ ഒരു സങ്കീർത്തനമാണ് അവിടെ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും എന്നാണ് ദാവീദ് ഇവിടെ പറയുന്നത് ഈ ദാവീത് ഈ സങ്കീർത്തനം എഴുതുന്നതിൻ്റെ പശ്ചാത്തലവും കഴിഞ്ഞൊരു ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ ഒന്ന് ചമൂയിൽ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടിൻ്റെയും ഇരുപത്തി ഏഴിൻ്റെയും പശ്ചാത്തലത്തിലാണ് എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത് താനേഖ്യത്തിൽ വെച്ച് അവിടെ വെച്ച ചമച്ച സങ്കീർത്തനമായിട്ടാണ് ഇതിനെയും പറയുന്നത് ഇവിടെ ഇതാ നമ്മളത് അന്ന് ചിന്തിച്ചു ഭയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഇവിടെ അൻപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദാവീത് പറയുന്നു ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിലാശ്രയിക്കും ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും നമ്മളും ജീവിതത്തിൽ ഭയം വരുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും അത് അതിൽ തന്നെ ഏറ്റവും മഹത്തായ കാര്യമല്ല കാര്യം ലോകത്തിലെ ആളുകളൊക്കെയും ഭയപ്പെടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം അവർക്കുമുണ്ട് എന്നാൽ യശയ്യാവ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് വായിക്കാം ഇതിനോട് ചേർത്ത് യശയ്യാവിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അല്ലെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നു യശയ്യാവ് പന്ത്രണ്ടിൻ്റെ രണ്ട് പിതാ ദൈവം എൻ്റെ രക്ഷ യഹോകയായി ആഹ് എൻ്റെ ബലവും എൻ്റെ ഗീതവും ആയിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും കണ്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം സങ്കീർത്തനം അൻപത്തിയാറിൻ്റെ മൂന്നിൽ ദാവീത് പറയുന്നു ഭയപ്പെടുമ്പോൾ ഞാൻ നിന്നൽ ആശ്രയിക്കും അതേസമയം എശയ്യാവ് പന്ത്രണ്ടിൻ്റെ രണ്ടില് മൂന്നില് പറയുന്നു ഞാന് ഭയപ്പെടാതെ ും പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ഭയം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് അത് നല്ല അത് തെറ്റൊന്നുമില്ല തീർച്ചയായിട്ടും അത് അത്രയുമെങ്കിലും വേണ്ടതാണ് എന്നാൽ അതിനേക്കാളും മികച്ച ഒരു കാര്യം നമ്മൾ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ദാവീതിൻ്റെ ജീവിതത്തിൽ നമ്മൾ ഈ സങ്കീർത്തനം അൻപത്തി ആറാം സങ്കീർത്തനത്തിലേക്ക് മടങ്ങി നമ്മൾ കാണുന്നത് ദാവീത് തൻ്റെ ജീവിതത്തിൽ ഈ സങ്കീർത്തനം രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും ഭയപ്പെടുന്ന നാളിൽ ദൈവത്തിൽ ആശ്രയിക്കും എന്ന മനോഭാവത്തിൽ നിന്ന് മാറി ദൈവത്തെ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ധൈര്യത്തോടെ പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് കഴിയും ഉദാഹരണത്തിന് അൻപത്തി ആറാം സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ വാക്യം കണ്ടോ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും എന്നുള്ള ആ മനോഭാവത്തിലേക്ക് ദാവീത് വരികയാണ് ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അതുപോലെ പതിനൊന്നാമത്തെ വാക്യം അൻപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല എന്നവിടെയും അത് ആവർത്തിച്ച് പറയുന്നതായിട്ട് നമ്മളെ കാണുന്നു അപ്പോൾ നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വിവിധ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു മഹാമാരിയെക്കുറിച്ചും പല നിലയിൽ ചുറ്റും നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു അത് അതിൽ തെറ്റൊന്നുമില്ല തൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാളെയും ദൈവം തള്ളിക്കളയുകയില്ല എന്നാൽ അതിനേക്കാളും ഉന്നതമായ ഒരു മനോഭാവം നമുക്കുണ്ടാകണം ഭയമില്ലാതെ തന്നെ ഞാൻ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കും എന്ന് പറയുന്ന ആ നിലയിൽ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടപ്പെടുത്തട്ടെ എന്ന് പറയാനായി ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൽ ആ നിലയിൽ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കണമെങ്കിൽ എന്താ വേണ്ടത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവം നമ്മളെ കരുതുന്നതിനെക്കുറിച്ചും ദൈവം നമ്മളെ തള്ളിക്കളയില്ലെന്നുള്ളതിനെക്കുറിച്ചും ദൈവം നമ്മളെ നമ്മളായിരിക്കുന്ന സ്ഥിതിയിൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചും ദൈവം നമ്മെ കോപത്തോടെ നോക്കുകയല്ല മറിച്ച് അവിടെ നമ്മളെ സ്നേഹത്തോടെ പിതാവെന്നുള്ള നിലയിൽ മക്കളോടൊന്ന പോലെ നമ്മളോട് ആ എപ്പോഴും ആയിരിക്കുന്നു എന്നും ഒക്കെയുള്ള ഉറപ്പുകളാണ് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിപ്പാൻ നമ്മെ സഹായിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നോക്കി ദിവസങ്ങളിൽ ീദിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഭയപ്പെടുന്ന നാളിൽ ആശ്രയിക്കും അപ്പോൾ തന്നെ ഭയങ്കൂടാതെ ഭയപ്പെടാതെ ദൈവത്തിൽ സാഹചര്യങ്ങൾ വന്നാലും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിക്കും എന്നുള്ള ആ മനോഭാവത്തിലേക്ക് ആ ഒരു വിശ്വാസത്തിലേക്ക് ആ ഒരു ആശ്രയത്വത്തിലേക്ക് നമുക്ക് കടന്നു വരാം അങ്ങനെ ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ എന്ന് പ്രാരംഭമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കും നമ്മൾ വെള്ളിയാഴ്ചകളിൽ പലപ്പോഴും ഒരു ബൈബിൾ സ്റ്റഡി എന്നുള്ള നിലയിലാണല്ലോ കൂടി വരുന്നത് അതുകൊണ്ട് ഭയത്തോടുള്ള ബന്ധത്തിലും ഒക്കെ ഒരു പത്ത് കാര്യങ്ങൾ അക്കമിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ചിന്തിക്കാം അതായത് നമ്മൾ ഭയപ്പെടേണ്ടാത്ത അഞ്ച് കാര്യങ്ങളും നമ്മൾ ഭയപ്പെടേണ്ട അഞ്ച് കാര്യങ്ങളും ദൈവവചനത്തിൽ നിന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കാം അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മൾ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ആളുകളൊക്കെ ഭയപ്പെട്ടു പോകുന്നു എന്നാൽ നമ്മളോടുള്ള ബന്ധത്തിൽ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ദൈവജലത്തിൽ നിന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് ന ഭയപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങളും നമുക്ക് ദൈവവചനത്തിൽ നിന്ന് നോക്കാം ഒന്നാമതായിട്ട് നാം ഭയപ്പെടണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇവിടെ തന്നെ അൻപത്തിയാറാം സങ്കീർത്തനത്തിൻ്റെ നമ്മൾ വായിച്ച നാലാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ജഡ ഫ്ലഷ് ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും എന്ന ദാവി ഇതിവിടെ ചോദിക്കുമ്പോൾ അത് മറ്റുള്ള ആളുകളെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഫ്ലഷന്ന് പറയുമ്പോൾ പുതിയ പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്ന ആ ഒരു ആ ഒരു സൂക്ഷ്മമായ വിശാലമായ അർത്ഥമല്ലോ പഴയ നിയമത്തിലുള്ളത് അവിടെ ജഡമെന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ തനിക്കെതിരായിട്ടുള്ള ആളുകൾ മറ്റ് മനുഷ്യർ ഇവരെയാണ് പ്രാഥമികമായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനോട് ചേർത്ത് നമുക്കിങ്ങനെ ചിന്തിക്കാം ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും നമ്മൾ ജഡത്തെ ഭയപ്പെടേണ്ട മറ്റുള്ള ആളുകളെ ഭയപ്പെടണ്ട എന്നാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ ഒന്നാമതായത് സാധാരണ ആളുകൾ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റുള്ള ആളുകൾ എന്നാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നവരെ ഭയപ്പെടേണ്ട അൻപത്തിയാറിൻ്റെ നാലാമത്തെ വാക്യം നമ്മൾ വായിച്ചു സംഖ്യാപുസ്തകം പതിനാലിൻ്റെ ഒൻപതിലും നമ്മൾ ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട് അവിടെ സംഖ്യാപുസ്തകം പതിനാലാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അവിടെ യോശയും കാലീബും ഒക്കെ പോയി കനാന് ദേശം ഒറ്റ നോക്കാനായിട്ട് പോയിട്ട് വന്നപ്പോൾ ഓ ബാക്കിയുള്ളവർ അതിനെക്കുറിച്ചൊരു തെറ്റായ അവരെ അവിടത്തെ ഉള്ള ആളുകൾ വലിയ മല്ലന്മാരാണ് നമ്മളവരെ പേടിക്കണം നമ്മളവരുടെ മുമ്പിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആളുകളുടെ ധൈര്യം കെടുത്തിയപ്പോൾ ആളുകളെ പേടിച്ചു പോയി അപ്പോൾ ആ സന്ദർഭത്തിൽ യോശയും കാലീബും ഇസ്രായേൽ മക്കളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ് സന്ധ്യാപുസ്തകം പതിനാലിൻറ്റ് ഒൻപത് അവിടെ നമ്മൾ വായിക്കുന്നു നമ്മോടുകൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടണ്ട നമ്മോടുകൂടെ യഹോവ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഭയപ്പെടണ്ട അതുകൊണ്ട് മനുഷ്യരെ ഭയപ്പെടണ്ട ജത്തെ ഭയപ്പെടണ്ട മനുഷ്യരെ ഭയപ്പെടണ്ട എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ലോകമനുഷ്യരെ ഭയന്നു പോകുന്ന മറ്റുള്ള ജഡത്തേ മറ്റുള്ള ആളുകളെ അവരെ നമ്മൾ ഭയപ്പെടണ്ട അതാണ് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നിന്നും ഒരു വാക്യം നമുക്കതിനോടുള്ള ബന്ധത്തിൽ വായിക്കാനായിട്ട് കഴിയും നമ്മളെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും മറ്റുള്ള ആളുകളെ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു മൊത്തമായി പത്തിൻ്റെ ഇരുപത്തെട്ട് ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ നാല് മൊത്തമായി പത്തിൻ്റെ ഇരുപത്തിയെട്ട് ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ നാല് നാല് ആളുകളെ ഭയപ്പെടേണ്ട എന്ന് കർത്താവും അവിടെ പറയുന്നു അതുകൊണ്ട് മനുഷ്യരെ ഭയപ്പെടാതിരിക്കാം മനുഷ്യരെ നമ്മൾ ഭയപ്പെടേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണല്ലോ പറഞ്ഞത് ഒന്ന് നമ്മൾ പറഞ്ഞത് ജഡത്തെ ആളുകളെ മനുഷ്യരെ നമ്മൾ ഭയപ്പെടണ്ട രണ്ടാമത് മറ്റു ദൈവങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ദൈവവചനത്തിൽ വളരെ വ്യക്തതയോടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് പലപ്പോഴും മറ്റ് ദൈവങ്ങളെക്കുറിച്ചൊക്കെ പല നിലയിലുള്ള ഭയപ്പെടുത്താവുന്ന അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശക്തി കൊണ്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള രീതികൾ ചിലരുടെയെങ്കിലും മനസ്സിലുണ്ട് ഈ സാഹചര്യത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം നോക്കുക അവിടെ പറയുന്നു നിങ്ങൾ മറ്റ് ദൈവങ്ങളെ അവിടെ ഭജിക്കരുത് എന്നാണ് മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ ഫിയർ നോട്ട് എന്നുള്ള വാക്കാണ് അവിടെ കാണുന്നത് നമ്മളവരെ മറ്റ് ദൈവങ്ങളെ മറ്റ് വിഗ്രഹങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ട ഭയപ്പെടരുത് ഭയപ്പെടരുത് എന്ന് അവിടെ കാണുന്നു അതുപോലെ രണ്ട് രാജാക്കന്മാർ പതിനേഴാം അധ്യായം പതിനേഴാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളിലും യഹോവ അവരോട് ഒരു നിയമം ചെയ്ത് കൽപ്പിച്ചത് നിങ്ങൾ അന്യ ദൈവങ്ങളെ ഭജിക്കരുത് ഭജിക്കുക ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ ഫിയർ നോട്ട് എന്നാണ് കാണുന്നത് അന്യ ദൈവങ്ങളെ നമ്മൾ പേടിക്കരുത് എന്ന് യഹോവ തന്നെ ഇസ്രായേൽ ജനത്തോടവിടെ കൽപ്പിക്കുകയാണ് മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ നമ്മൾ സമാധാനമായിട്ട് സാവധാനം വായിച്ചു നോക്കിയാൽ അവിടെ മൂന്നിടത്ത് നിങ്ങൾ അന്യ ദൈവങ്ങളെ ഭയപ്പെടരുത് ഭജിക്കരുത് ഭജിക്കരുത് ഭജിക്കയും അരുത് എന്ന കാണുന്നു മുപ്പത്തി അഞ്ചാമത്തെ വാക്യം അതുപോലെ തന്നെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം അന്യ ദൈവങ്ങളെ ഭയപ്പെടരുത് അതുപോലെ അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം അന്യ ദൈവങ്ങളെ ഭയപ്പെടരുത് എന്ന കാണുന്നു എന്നാൽ മുപ്പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം മറിച്ച് നിങ്ങൾ അന്യ ദൈവങ്ങളെ ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രം നിങ്ങൾ ഭജിക്കണം അവനെ മാത്രം ഭയപ്പെടണം എന്നും അതിനോട് ചേർത്ത് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും ചുരുക്കത്തിൽ മനുഷ്യരെ ഭയപ്പെടരുത് മറ്റ് ദൈവങ്ങളെ ഭയപ്പെടരുത് മൂന്നാമതായിട്ട് ഭയപ്പെടരുത് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം അനർത്ഥം ഭയപ്പെടരുത് എന്നാണ് നമുക്ക് വളരെ പരിചിതമായ ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ആ ഇരുപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ ദാവീത് പറയുന്നു കുഴു കുരിൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നാലാമത്തെ വാക്യം ഇരുപത്തിമൂന്നിൻ്റെ നാലാമത്തെ വാക്യം കുരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല അപ്പോൾ വരാൻ പോകുന്ന ഇങ്ങനെ ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ വന്നേക്കാം എന്ന് നമ്മൾ വെറുതെയിരുന്ന് പേടിക്കരുത് അങ്ങനെ വരാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ച് പേടിക്കരുത് എന്നാണ് നമ്മളവിടെ കാണുന്നത് പ്രിയപ്പെട്ടവര് ഇത് നമ്മൾ ഇയോബിൻ്റെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോഴും ഇതിനെക്കുറിച്ച് നമുക്ക് വെളിച്ചം കിട്ടുന്നുണ്ട് ഇയോബിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഇയോബിൻ്റെ ജീവിതത്തിൽ ആ തൻ്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു ഏർ മരിച്ചു തനിക്ക് തൻ്റെ ഓരോന്നോരോന്നായിട്ട് തൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളൊക്കെ ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ വാക്യ അധ്യായത്തിൽ അനന്തരം യോവ് വായി തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ അധ്യായം അവസാനിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവസാനിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു എന്നാണ് അവിടെ കാണുന്നത് അപ്പോൾ ഇയോബ് ഒരളവിൽ തനിക്ക് ഈ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് താൻ സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇയോബ് തൻ്റെ അനുഭവം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ വരുമെന്ന് അനർത്ഥത്തെ പേടിച്ചു ഭയപ്പെട്ടു ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ ഏഷ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യം ഇതിനോട് ചേർത്ത് ചിന്തിക്കുക അവിടെ അതിൻ്റെ യശയാവിൻ്റെ പുസ്തകം അറുപത്തി ആറാമത്തെ അധ്യായം അറുപത്തിയാറാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ ദൈവം പറയുന്നു അവർ ഭയപ്പെടുന്നത് അവർക്ക് ഞാൻ വരുത്തും എന്ന് കാണും അറുപത്തിയാറിൻ്റെ എശയ്യാവ് അറുപത്തിയാറിൻ്റെ നാല് അപ്പോൾ നമ്മൾ വീടിൽ വീട്ടിലിരുന്ന് നമുക്ക് അനർത്ഥമൊന്നും ഭവിച്ചിട്ടില്ല കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ട് അവർ സ്കൂൾ ബസ്സിൽ വരും അമ്മ ഒരമ്മ തന്നെ വീട്ടിലിരുന്ന് മകൻ വരുന്ന സ്കൂൾ ബസ്സിനായിട്ട് കാതോർത്തിയിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ അവള് ആവശ്യമില്ലാതെ അയ്യോ കുഞ്ഞിനെന്തേലും സംഭവിച്ചോ അല്ലെ സ്കൂൾ ബസ്സിന് എന്തെങ്കിലും അപകടം വന്നോ എന്നൊക്കെ പറഞ്ഞ് സംഭവിക്കാത്ത ഒരു അനർഥത്തെക്കുറിച്ച് വെറുതെ ഭയപ്പെടുന്നത് അത് ശരിയല്ലെന്നാണ് നമ്മൾ അതിനോട് ചേർത്ത് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാകാവുന്നത് ദാവീത് പറയുന്നു ഞാൻ കുരു താഴ്വര കൂടെ നടന്നാലും ഞാനെൻ്റെ അനർത്ഥവും ഭയപ്പെടുകയില്ല ഇയോബ് തനിക്ക് പിന്നീട് ഉണ്ടായ പ്രയാസങ്ങൾ നോക്കിയിട്ട് താൻ പറയുന്നു ഞാൻ ഒരിക്കൽ ഭയപ്പെട്ടത് എനിക്കിപ്പോൾ സംഭവിച്ചല്ലോ ഞാൻ അനർത്ഥത്തെ പേടിച്ചു പേടിച്ചത് എനിക്ക് ഭവിച്ചല്ലോ എന്ന് കാണുന്നു ഓ എ കർത്താവ് പറയുന്നു ദൈവം പറയുന്നു അവരെ ഭയപ്പെടുന്നതിനെ ഞാൻ അവർക്ക് എന്നുള്ള നിലയിൽ പറയുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നെഗറ്റീവായ നിഷേധാത്മകമായ ആ നിലയിലുള്ള ഭയത്തിൻ്റെ ചിന്തകളെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ വെറുതെയിരുന്ന് ഭയപ്പെടാതെ അതിനെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കിയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞത് ജഡത്തെ ആളുകളെ മനുഷ്യരെ ഭയപ്പെടേണ്ട മറ്റ് ദൈവങ്ങളെ ഭയപ്പെടേണ്ട അനർത്ഥം ഭയപ്പെടണ്ട അതുപോലെ തന്നെ നമ്മൾ കാണുന്നു നാലാമതായിട്ട് സഹിപ്പാനായിട്ടുള്ള സഫറിങ്സ് വരാൻ പോകുന്ന സഫറിങ്സിനെ സഹിക്കാനുള്ളത് നമ്മൾ ഭയപ്പെടണ്ട എന്ന് പറയുന്നു വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് സഹിപ്പാൻ നീയെ പേടിക്കണ്ട എന്ന് സഭയോടുള്ള നൂതിൽ പറയുന്നു പ്രിയപ്പെട്ടവരെ ഇത് നേരത്തെ ഇയോബ് ഒരു അനർത്ഥം ഭയപ്പെട്ടതുപോലാണോ ഈ സഹിപ്പാൻ എന്ന് പറയുന്നത് അല്ല നേരത്തെ ഇയോബ് ഭയപ്പെട്ടത് സംഭവിക്കാത്ത ഒരു കാര്യമാണ് എന്നാൽ ഇവിടെ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ചില സഫറിങ്സ് യഥാർത്ഥത്തിൽ തന്നെ വരുന്നുണ്ട് ആ വരുന്നുണ്ട് അധികാരികൾ അവർക്കെതിരെ കരിക്കള് നീക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് ചില സഫറിങ്സ് വരുന്നുണ്ട് അത് യാഥാർത്ഥ്യമാണ് അല്ലാതെ വെറുതെ ഒരു അനർത്ഥമല്ല അവർ പേടിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള സഹിപ്പാനുള്ള കാര്യം നമ്മുടെ മുമ്പാകെ വരുമ്പോഴും അതിനെ ഭയപ്പെടണ്ട എന്നാണ് നാലാമതായിട്ട് പറയുന്നത് അഞ്ചാമതായിട്ട് ഓ സങ്കീർത്തന ഇരുപത്തി ഏഴിൻ്റെ മൂന്നില് നമ്മൾ നമ്മൾ വായിക്കുന്നത് എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിട്ട് വസിക്കും അപ്പോൾ യുദ്ധങ്ങളെയും നമ്മൾ ഭയപ്പെടണ്ട യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിട്ട് ഭയമില്ലാതെ ആ യുദ്ധത്തെ ഭയപ്പെടാതെ ഇന്ന് യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് അത് കൂടുതലും വരും യുദ്ധങ്ങൾ മാത്രമല്ല യുദ്ധശ്രുതികളും വരും പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ വീണ്ടും നമ്മൾ വളരെ വേഗത്തിൽ ഒന്ന് നോക്കുമ്പോൾ മറ്റാളുകളെ ജത്തെ മനുഷ്യരെ ഭയപ്പെടേണ്ട അതാണ് ഒന്ന് രണ്ട് മറ്റ് ദൈവങ്ങളെ ഭയപ്പെടണ്ട മൂന്ന് ആവശ്യമില്ലാതെ അനർത്ഥത്തെ ഭയപ്പെടേണ്ട നാല് സഹിപ്പാനുള്ള സഫറിങ്സിനെ നമ്മൾ ഭയപ്പെടണ്ട അഞ്ച് യുദ്ധങ്ങൾ യുദ്ധശ്രുതികള് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഭയപ്പെടണ്ട എന്നവിടെ കാണും പ്രിയപ്പെട്ടവര് അഞ്ച് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ അപ്പോൾ തന്നെ ദൈവവചനത്തിൽ ഭയപ്പെടാനായിട്ട് അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നോക്കിയാ ഭയപ്പെടരുത് എന്ന് പറഞ്ഞ് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ അത് ഭയപ്പെടരുതെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മറുവശമുണ്ട് ദൈവവചനം ഇപ്പോഴും വളരെ ബാലൻസ്ഡ് ആണ് ആ ബാലൻസ്ഡ് ആയ ദൈവവചനം പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട അഞ്ച് കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നു ഈ ഭയപ്പെടേണ്ട അഞ്ച് കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വളരെ വേഗത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം പ്രിയപ്പെട്ടവര് ദൈവത്തെ ഏർ നമ്മൾ ഭയപ്പെടണം എന്ന് ഒന്നാമത് പറയും ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തെ ഭയപ്പെടുകയാണ് ആവർത്തന പുസ്തകം ആറാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലും ഇരുപത്തിനാലാമത്തെ വാക്യത്തിലും നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോ ഒരു ദൈവ ഒരു വിശ്വാസി അവൻ ഒന്നാമതായിട്ട് ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് ദൈവത്തെ ഭയപ്പെടാം ദൈവത്തെ ഭയപ്പെട്ട് അവനെ സേവിക്കണം അതിന് പ്രിയപ്പെട്ടവരെ ദൈവ ദൈവത്തെ നമ്മൾ ഭയപ്പെടണം എന്ന ആവർത്തന പുസ്തകം ആറിൻ്റെ പതിമൂന്നിലും ആറിൻ്റെ ഇരുപത്തിനാലിലും നമ്മൾ കണ്ടു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായി യേശു ഇതേ കാര്യം തന്നെ എടുത്തു ഭാഗം മത്തായിയുടെ സുശേഷം പത്താമധ്യായ ഇരുപത്തിയെട്ട് ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ നാല് എന്ന ഈ ഭാഗങ്ങൾ നമ്മൾ മുമ്പേ മറ്റൊരു കാര്യത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയുണ്ടായി അവിടെ പറയുന്നത് ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത് ദൈവത്തെ ഭയപ്പെടണം ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ആരെ ഭയപ്പെടണം യഥാർത്ഥത്തിൽ ഒരു ന്യായവിധി നടത്താൻ കഴിയുന്നവരെ നമ്മുടെ ദേഹത്തെയും ദേഹിയെയും ആ നിലയിൽ നരകത്തിലെ തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത് എന്ന് കർത്താവായി യേശു ക്രിസ്തു താൻ പുതിയ നിയമത്തിൽ ഈ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞത് എടുത്ത് താൻ ഭംഗിയായിട്ട് വിശദീകരിച്ച് പറയുന്നുണ്ട് ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നാൽപ്പത് പ്രാവശ്യത്തിലേറെ ദൈവത്തെ ഭയപ്പെടാനായിട്ടുള്ള കൽപ്പന നമുക്ക് കാണാനായിട്ട് കഴിയും ദൈവജനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കുമ്പോൾ നാൽപ്പത് വട്ടത്തിലേറെ ദൈവത്തെ ഭയപ്പെടാനായിട്ടുള്ള കൽപ്പന നമുക്കവിടെ കാണാനായിട്ട് കഴിയും അതുകൊണ്ട് ദൈവഭയം എഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം മലയാളം ബൈബിൾ പലപ്പോഴും ഭക്തി എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഗോഡാണ് ദൈവഭയമാണ് ദൈവഭയമാണ് യഹോ ഭയപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എത്രയെത്ര വാക്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് ദൈവത്തെ ഭയപ്പെടുക ദൈവഭയ യഹോ ഭക്തൻ ഭക്തി എന്ന് പറയുന്ന ഫിയർ ഓഫ് ഗോഡ് അതാണ് മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ദൈവത്തെയാണ് നമ്മൾ ഒന്നാമത് ഭയപ്പെടേണ്ടത് രണ്ടാമത് നമ്മൾ ഭയപ്പെടേണ്ട രണ്ടാമത്തെ കാര്യം നമ്മുടെ മാതാപിതാക്കളെ ഭയപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നു ലേവിയ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ദൈവം അവർക്ക് കൽപ്പന കൊടുക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവരെ അതിൻ്റെ മൂന്നാമത്തെ വാക്യം നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം എന്ന് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ മാതാപിതാക്കളെ ആ നിലയിൽ ഭയപ്പെടണം എന്നാ പറഞ്ഞിരിക്കുന്നു ഓ മാതാപിതാക്കളോടുള്ള ഭയം വലിയൊരളവില് അന്ത്യകാലത്ത് കുറഞ്ഞു വരും എന്ന് നമുക്കറിയാം നമ്മൾ ആ കാര്യങ്ങൾ വായിക്കുന്നുണ്ട് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ് എന്നാൽ രണ്ടാമതായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കളെ ഭയപ്പെടണം മൂന്നാമതായിട്ട് നമ്മൾ സദൃശ്യവാക്യം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തി ഒന്നിൽ വരുമ്പോൾ രാജാക്കന്മാരെ ഭയപ്പെടാനായിട്ട് പറഞ്ഞിരിക്കും രാജാക്കന്മാരെ ഭയപ്പെടുക മകനെ യഹോവയെയും രാജാവിനെയും ഭയപ്പെടുക നമ്മളെ ഭരിക്കുന്ന കാര്യങ്ങള് ദൈവം അധികാരം കൊടുത്തിരിക്കുന്ന ആ ഉള്ള ആളുകളെ നമ്മൾ ഭയപ്പെടണം ഇതിനോട് ചേർത്ത് നമുക്ക് കുറച്ചുകൂടെ രാജാക്കന്മാരെ ഭയപ്പെടണം എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നാലാമതായിട്ട് നമ്മൾ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റ് സിവിൽ അതോറിറ്റീസിനെ നമ്മുടെ മേലെ വെച്ചിട്ടുള്ള മറ്റ് അധികാരങ്ങൾ രാജാക്കന്മാരല്ല പക്ഷേ പ്രായോഗിക തലത്തിൽ വരുമ്പം നമ്മുടെ മേൽ വച്ചിരിക്കുന്ന അധികാരങ്ങളുണ്ട് ആ സിവിൽ അതോറിറ്റീസിനെ നമ്മൾ ഭയപ്പെടണം എന്ന് ദൈവോചനത്തിൽ പറയുന്നു റോമർക്ക് എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ സമാധാനമായിട്ട് സാവധാനത്തിൽ വായിച്ചാൽ കാണാൻ കഴിയും ഇവരെയൊക്കെ ആക്കി വച്ചിരിക്കുന്നത് അവരെ നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം പക്ഷേ അവർ നമ്മുടെ മേലുള്ള അധികാരങ്ങളാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ദൈവമാക്കി വച്ചിരിക്കുന്ന അങ്ങനെയുള്ള അധികാരങ്ങളെയും നമ്മൾ ഭയപ്പെടണം എന്ന് നമ്മളവിടെ കാണുന്നു അപ്പോൾ നോക്കുക നമ്മൾ ഒരു ദൈവക്തൻ ഈ നിലയിൽ പറഞ്ഞിട്ടുണ്ട് റോട്ടിലിറങ്ങുമ്പോൾ റോഡിൽ ഇറ ഇറങ്ങുമ്പം അവിടുത്തെ അധികാരി അവിടുത്തെ പോലീസുകാരനാണ് ഒരു ട്രാഫിക് പോലീസുകാരൻ അദ്ദേഹം ട്രാഫിക്ക് നിയന്ത്രിക്കുന്നു നമുക്ക് പെട്ടെന്ന് നമ്മുടെ മേലെ നമ്മുടെ മുമ്പാകെ സ്റ്റോപ്പ് കാണിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമല്ല പക്ഷേ ദൈവമാണ് അവിടെ എന്നുള്ള നിലയിൽ അപ്പോൾ റോഡിൽ പോലീസുകാരനാണ് നമ്മുടെ അധികാരി നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളാണ് നമ്മുടെ അധികാരി നമ്മൾ സഭയിൽ വരുമ്പോൾ അവിടെയുള്ള അധികാരങ്ങളാണ് നമ്മുടെ മേലുള്ളത് വീട്ടിലാകുമ്പോൾ അവിടെയുള്ള അധികാരങ്ങളുണ്ട് അങ്ങനെ ഒരു ദൈവഭൃത്തനായ മനുഷ്യൻ എവിടെ ചെന്നാലും അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കും അതിന് കീഴടങ്ങിയിരിക്കും എന്ന് ഒരു ദൈവഭൃത്യൻ പറഞ്ഞത് ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെപ്പോഴും നമ്മൾ പറഞ്ഞത് ഒന്നാമത് ദൈവത്തെ ഭയപ്പെടണം രണ്ടാമത് മാതാപിതാക്കളെ ഭയപ്പെടണം മൂന്നാമത് രാജാക്കന്മാരെ ഭയപ്പെടണം നാലാമത് അധികാരങ്ങളെ ഭയപ്പെടണം അഞ്ചാമത് വേലക്കാരെ നിങ്ങൾ യജമാനന്മാരെ ഭയപ്പെടുവീ എന്ന് നമ്മൾ കാണുന്നു ഒന്ന് പത്രോസ് രണ്ടാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പത്രോസപ്പോസ് അല്ല പറയുക വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ പൂർണ്ണ ഭയത്തോടെ കണ്ടു അവിടെ ഈ ഭയം എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട് പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക് കീഴടങ്ങിയിരിപ്പി അപ്പോൾ ആ നിലയിൽ മേളിലുള്ള ആ നിലയിൽ നമുക്ക് നമ്മുടെ യജമാനന്മാരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം എന്നാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട അഞ്ച് കാര്യങ്ങൾ നമ്മൾ വളരെ വേഗത്തിൽ പറഞ്ഞത് ദൈവത്തെ ഭയപ്പെടണം ആവർത്തന പുസ്തകം ആറിൻ്റെ പതിമൂന്ന് ആറിൻ്റെ ഇരുപത്തി നാല് മത്തായി പത്തിൻ്റെ ഇരുപത്തിയെട്ട് ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ നാല് മാതാപിതാക്കളെ ഭയപ്പെടണം ലേവ്യ പുസ്തകം പത്തൊൻപതിൻ്റെ മൂന്ന് രാജാക്കന്മാരെ ഭയപ്പെടണം സദൃശ്യവാക്യം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിയൊന്ന് നമ്മുടെ മേലുള്ള അധികാരങ്ങളെ ഭയപ്പെടണം റോമർ പതിമൂന്നിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള കാര്യങ്ങൾ വേലക്കാരി യജമാനന്മാർക്ക് കീഴടങ്ങിയിരിക്കണം ഒന്ന് പത്ര ദിവസം രണ്ടിൻ്റെ പതിനെട്ട് ഇങ്ങനെ അഞ്ച് കൂട്ടർക്കാണ് നമ്മളെ കീഴടങ്ങിയിരിക്കേണ്ടത് നമ്മളിതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ബൈബിളറിയുന്ന ഭർത്താക്കന്മാരെ കാര്യം ഭർത്താവും ഒന്നിച്ച് വീട്ടിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണല്ലോ അങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ബൈബിളറിയുന്ന ഭർത്താക്കന്മാർ പറയും ബ്രദർ അഞ്ച് കാര്യമേ പറഞ്ഞുള്ളൂ ബ്രദറ് സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ഒരു കാര്യം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞ് ബൈബിൾ അറിയുന്ന സഹോദരന്മാരെ എഫ് എ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം വേണമെങ്കിൽ എടുത്ത് വായിച്ചെന്ന് വരാം അവർ വായിക്കുന്നതെന്താ നമ്മൾ മലയാളം വൈവിളിയിൽ കാണുന്നത് ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു അപ്പം യജമാനെ ഭയപ്പെടണം രാജാവിനെ ഭയപ്പെടണം സിവിൽ അതോറിറ്റിയെ ഭയപ്പെടണമെന്ന് പറഞ്ഞതുപോലെ ഭാര്യയെ ഭർത്താവിനെയും ഭയപ്പെടണം അതുകൊണ്ട് ഞാൻ ഭർത്താവെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ എന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരാരെങ്കിലും ഉണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി പറയട്ടെ പ്രിയപ്പെട്ടവരെയും നമ്മൾ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് എടുക്കാനായിട്ടൊക്കാത്ത ഒരു ഭാഗം കാണുമ്പം നമ്മൾ ഉടനെ മൂലഭാഷയിൽ അതെന്തോ പറയുന്നു എന്ന് നോക്കി അവിടെ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ എന്ന് നോക്കുമെന്ന് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ചെല്ലുമ്പം സഹോദരിമാർക്ക് സന്തോഷമുള്ള ഒരു കാര്യം കാണാനായിട്ട് കഴിയും ഇംഗ്ലീഷിൽ നിന്നാണല്ലോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഇത് മുപ്പത്തി മൂന്നാമത്തെ വാക്യമായിട്ടാണ് എഫ് എ സി അഞ്ചിൻ്റെ മുപ്പത്തിമൂന്നായിട്ടാണ് നമ്മളവിടെ കാണുന്നത് അവിടെ കാണുന്നത് അവർ ഭർത്താക്കന്മാരെ ഭയപ്പെടണമെന്നല്ല ആ നിലയിലല്ല റെസ്പെക്റ്റ് കൊടുക്കണം വൈ സീ ദാറ്റ് ഷീ മസ്റ്റ് റെസ്പെക്റ്റ് റഫറൻസ് ഷോ റഫറൻസ് ടു ഹെ റെസ്പെക്ട് അല്ലാതെ ഭയപ്പെടണം ആ പ്രത്യേക ഫിയർ എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടി അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും റഫറൻസിലും റെസ്പെക്റ്റിലും ഭയത്തിൻ്റെ എലമെൻറ്റ് കിടപ്പുണ്ട് ആ കാര്യം വിസ്മരിച്ചുകൊണ്ടല്ല എങ്കിലും നോക്കുക ദൈവവചനം എപ്പോഴും എത്ര വ്യക്തതയോടെയും എത്ര കൃത്യതയോടെയുമാണ് കാര്യങ്ങളെ പറയുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട അഞ്ച് കാര്യങ്ങൾ ദൈവത്തെ ഭയപ്പെടണം മാതാപിതാക്കന്മാരെ രാജാക്കന്മാരെ അധികാരങ്ങളെ യജമാനന്മാരെ അഞ്ച് കൂട്ടം ആളുകളെ ഭയപ്പെടണം ഭയപ്പെടേണ്ടാത്ത അഞ്ച് കൂട്ടം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആളുകളെ ഭയപ്പെടേണ്ട മറ്റ് ദൈവങ്ങളെ ഭയപ്പെടേണ്ട അനർത്ഥങ്ങളെ പേടിക്കരുത് സഹിപ്പാനുള്ളത് ഭയപ്പെടേണ്ട യുദ്ധങ്ങൾ അതിനെക്കുറിച്ച് യുദ്ധം നേരിട്ടാലും നിർഭയമായിട്ടിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷമുള്ള ഈ സമയത്ത് അഞ്ച് കാര്യങ്ങളെ നമുക്ക് ഭയപ്പെടാതിരിക്കാം അഞ്ച് കാര്യങ്ങളെ ഭയപ്പെടാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ വയ്ക്കാം നമ്മൾ വായിച്ച ആ സങ്കീർത്തനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അൻപത്തി ആറാമത്തെ സങ്കീർത്തനം വായിച്ചു നമ്മൾ തുടങ്ങിയത് അതിൻ്റെ തലക്കെട്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഭയപ്പെടാവുന്ന സാഹചര്യമാണ് ആ ഭയപ്പെടാവുന്ന സാഹചര്യത്തിൽ ഗത്തിൽ വെച്ച ഫിലിസ്തീൻ അവനെ പിടിച്ചപ്പോൾ ദാവീത് പെട്ടെന്ന് ദൈവ എന്നോട് കൃപയുണ്ടാകണേ മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു വിഴുങ്ങുവാൻ പോകുന്നു എന്നെ ഞെരുക്കുന്നു ശത്രുക്കൾ ഇടപെടാതെ എന്നെ വിഴുകുവാൻ പാവിക്കുന്നു എന്നോട് പൊരുതുന്നവർ അനേകരാണ് അവൻ അവന്റെ മുന്നിലുള്ള ശത്രുക്കളെ എല്ലാം കണ്ടിട്ട് തന്നെ പെട്ടെന്ന് ആ ഒന്നും രണ്ടും വാക്യത്തിന് ശേഷം പറയുന്നു ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും എന്നാൽ യശയാവ് ഭയപ്പെടാതെ നമ്മെ ആശ്രയിക്കാനായിട്ട് നമ്മളോട് പറയുന്നു ദാവീതും പിന്നീട് ഞാൻ ദൈവത്തെ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ഒരു വെല്ലുവിളി പോലെയാണ് മനുഷ്യനെന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ നമ്മുടേതായിട്ട് നമുക്ക് എടുക്കാം ചുറ്റുപാട് ഭയങ്ങൾ വരുമ്പോൾ നമുക്ക് ദാവി ചേർന്ന് പറയാം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല പതിനൊന്നാമത്തെ വാക്യം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനെന്നോട് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും ആ കർത്താവിൻ്റെയും അതിൻ്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും കാലുകിട ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ എന്ന കഴിഞ്ഞ കാലത്തെ നോക്കിയിട്ട് ദാവീത ധൈര്യപ്പെടുന്നു നമുക്കും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ വിടുവിക്കുകയും നടത്തുകയും ചെയ്തു ആ ധൈര്യത്തോടെയായിരിക്കാം